പൂർവ്വകാന്ഡത്തിലെ പൂർവമീമാർഡത്തിലെ ഉത്തരമീമായും രണ്ടും സ്വാധ്യായത്തിനു ശേഷമാണ് സ്വസ്വശാഖയുടെ അധ്യയനം ഓരോ ദ്രൈവർ നിമാന്മാർക്കും പറഞ്ഞിരിക്കുന്ന അവരുടെ വേദശാഖയുടെ അധ്യയനത്തിന് ശേഷമാണ് അത്രച്ച സ്വാധ്യായേന വിഷയേന തദ്വിഷയം അധ്യയനം രക്ഷയിരുന്നു ഇവിടെ സ്വാധ്യായം എന്ന് പറയുന്ന വിഷയമാണ് വേദം സ്വാധ്യായം വേദമാണെന്ന് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് നിധ്യായവും അധ്യേതവ്യ എന്ന് പറഞ്ഞുകൊണ്ട് തദ്വിഷയം അധ്യയനം അപ്പൊ കേവലം വേദം നടത്താ പോലെ സ്വാധ്യായ അധ്യയനവും നടക്കണം വേദത്തിന്റെ അധ്യയനം വേദാധ്യയനം ചെയ്യും വേദത്തിന്റെ വേദാധ്യയനം സ്വാധ്യായത്തിന്റെ സ്വശാഖയുടെ ഇപ്പൊ അധ്യയനം വിഷയി ശാഖ ശാഖയെ അധ്യയനം ചെയ്യും എടുക്കണം അങ്ങനെയുള്ള ശാഖയുടെ വേദശാഖയുടെ അധ്യയത്തിന് ശേഷം ധർമ്മജ്ഞാസിയും അത്ര സ്വാധ്യന സ്വാധ്യായ ശബ്ദം കൊണ്ട് ശാഖ അത് വിഷയമാണ് ഇതിന്റെ തദ്വിഷയം അധ്യയനം അതിനെ വിഷയമാക്കുന്ന അധ്യയനത്തെ അധ്യയനം വിഷയി സ്വാധ്യായ വിഷയവുമായി അതിന് ലക്ഷ്യത്തിയച്ച ബോധിപ്പിക്കുന്നു തഥാ ച അധാതോ ധർമ്മ ജിജ്ഞാസ ഇത്യനേനൈവ ഗതം അധാതോ ധർമ്മ ജിജ്ഞാസ അപൂർവത്തിൽ ധർമ്മ ജിജ്ഞാസന്ന് പറയും ധർമ്മത്തെ അറിഞ്ഞ പോലെ ധർമ്മത്തെ മാത്രം അറിഞ്ഞാൽ അധർമ്മത്തെ നിന്ന് ധർമ്മത്തെങ്ങനെ തിരിച്ചറിയും അപ്പം അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തെ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം ധർമ്മത്തെ അറിയണം അധർമ്മത്തെ അറിയണം അപ്പോൾ ഇവിടെ ധർമ്മ ജിജ്ഞാസന്ന് പറഞ്ഞാലും അവിടെ വേദാർത്ഥ ജിജ്ഞാസെന്നാണ് വിളിക്കുന്നത് കേവലം ധർമ്മത്തിന്റെ അല്ല വേദാർത്ഥ ജിജ്ഞാസ വേദത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ജിജ്ഞാസയാണ് എന്ന് വരുമ്പം ധർമ്മം അധർമ്മം ിജ്ഞാസെന്ന പൂർവീമാംസയുടെ സൂത്രത്തിന് തന്നെ മൂന്നു കാര്യങ്ങളും വരും ഏതൊക്കെ ധർമ്മം അധർമ്മം ബ്രഹ്മം മൂന്നും വരും അപ്പൊ ഇതിന്റെ ആവശ്യമില്ല എന്നാണ് കുറവ് പറയുന്നത് പിന്നെ ഇവിടെ ഒരു ബ്രഹ്മജിജ്ഞാസയുടെ ഇല്ല ഇത് മൂന്നും വന്നുകഴിഞ്ഞു ഏതൊക്കെ ധർമ്മവും അധർമ്മവും കാരണം ധർമ്മ ജിജ്ഞാസന്ന് പറയുമ്പോ കേവലം ധർമ്മത്തെടുത്ത എന്താ കുഴപ്പം അധർമ്മത്തെ അറിഞ്ഞാൽ അതിനെ ഒഴിവാക്കാൻ പറ്റും ധർമ്മവും അധർമ്മവും വേണം പിന്നെ വേദം എന്ന് പറയുമ്പോഴത്തേ എന്താണോ അതിനകത്ത് ബ്രഹ്മവും വരും അപ്പൊ മൂന്നും വരും അതാതോ ധർമ്മ ജിജ്ഞാസേനവതം എന്ത് ബ്രഹ്മവിചാരം അതുകൊണ്ട് നൈതം സൂത്രം ആരംഭമിയും ഈ സൂത്രത്തിന്റെ ആവശ്യം ഇല്ല എന്ന് ബ്രഹ്മണോഭി വേദാർത്ഥത്വവിശേഷേണ ഉപദേശ സമ്യോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആവശ്യമില്ലെന്നും എന്തുകൊണ്ട് ധർമ്മശബ്ദാർത്ഥ മാത്ര ഉപലക്ഷണയ അവിടെ പൂർവമീമാംസയിൽ അതാതോ ധർമ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞെങ്കിലും ധർമ്മം കൊണ്ട് എന്തിനെടുക്കണം ഉപലക്ഷണമായി പറഞ്ഞിരിക്കണം സ്വബോധി ധർമ്മ ജിജ്ഞാസ എന്ന് പറയുന്ന ധർമ്മപഥ ഉപലക്ഷണം എന്ന് വെച്ചാൽ അവിടെ ധർമ്മം എന്നുള്ള അർത്ഥത്തെ എടുക്കണം സ്വബോധം സ്വഇതരം അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള അധർമ്മത്തെയും വേദാർത്ഥ ധർമ്മശബ്ദസ്യ വേദാർത്ഥം മാത്രം ഉപലക്ഷണം വേദാർത്ഥം മാത്രം എന്ന് വെച്ചാൽ വേദാർത്ഥം മുഴുവൻ സമ്പൂർണമെന്നുള്ള അർത്ഥമാണ് ഉപലക്ഷണമായും ബോധിപ്പിക്കുന്നുണ്ട് ധർമ്മ ബ്രഹ്മണോപി ധർമ്മത്തെ പോലെ തന്നെ ബ്രഹ്മം എന്താണ് വേദാർത്ഥത്വ അവശേഷേണ വേദാർത്ഥമാണ് അതുകൊണ്ട് വേദാധ്യയന ആനന്ദര്യം ഉപദേശിച്ച സാമ്യ വേദാധ്യയന ആനന്ദര്യം എന്തിനൊക്കെ വരും ധർമ്മത്തിനും വരും ബ്രഹ്മത്തിനും വരും അവിടെ ഉപദേശിച്ച സാമ്യമുണ്ട് അതുകൊണ്ട് എന്താണ് ഈ സൂത്രത്തിന്റെ ആവശ്യം ഇല്ലാതാണ് പൂർവ്വപക്ഷം അവിടെ ഭാഷകാരം പറയുന്നു ചോദ്യം നന്നു ഇഹ കർമ്മ അവബോധ അനന്തരം വിശേഷം ഇങ്ങനെയാണെങ്കിൽ പറയാൻ പൂർവമീമാംസയിൽ നിന്നും ധർമ്മ ജിജ്ഞാസ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു കർമ്മത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു അപ്പൊ പൂർവമീമാംസ മുഴുവൻ വിചാരം ചെയ്യുന്നു ധർമ്മത്തെക്കുറിച്ച് ബോധം ഉണ്ടാകുന്നു അത് കഴിഞ്ഞ് ഉത്തരമീമാംസ വന്നിട്ട് എന്താണ് ബ്രഹ്മമീമാസ ബ്രഹ്മവിചാരം അങ്ങനെയും പറയാമല്ലോ പൂർവമീമാംസെന്ന് കർമ്മത്തിന്റെ ബോധം അനന്തരം അനന്തരം അനന്തരം എന്താണ് ഉത്തരമീമാംസെയ്ത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം അങ്ങനെ പറഞ്ഞാൽ കർമ്മ അവബോധാനന്തരം വിശേഷം അതൊരു പൂർവപക്ഷമാണ് ചോദ്യം ചോദിക്കുന്നർത്ഥം ധർമ്മജിജ്ഞാസ ജിജ്ഞാസാതോ ബ്രഹ്മ ജിജ്ഞാസായ വിശേഷ എന്നർത്ഥം ധർമ്മ ജിജ്ഞാസയിൽ നിന്നും ബ്രഹ്മ ജിജ്ഞാസയ്ക്കുള്ള പ്രത്യേകത വിശേഷം ധർമ്മ ജിജ്ഞാസയിൽ നിന്നും ബ്രഹ്മജിജ്ഞാസായ വിശേഷാന്ന് അന്വേഷിക്കുന്നു ധർമ്മ ജിജ്ഞാസയുടെ പ്രത്യേകത എന്താണ് കർമ്മജ്ഞാനത്തിന് ശേഷം ബ്രഹ്മജിജ്ഞാസ അനന്തരം അഥ നർ അത് വിശേഷീകരിക്കുന്നു അസ്യ വിവിധശന്ധി യജ്ഞന ഇത് തൃതീയാശ്രുത്യജ്ഞാദീനമംഗത്വനം ബ്രഹ്മജ്ഞാനേ വിനിയോഗാ ഇത് പലയിടത്തും ചർച്ച ചെയ്യുന്ന കാര്യമാണ് ബ്രഹ്മസൂത്രത്തിലും വരും എന്താണ് ബ്രാഹ്മണ വിവിധശാന്തി യജ്ഞേന ദാനേന തപസാശേന ഗൃദാർണ് ബ്രാഹ്മണർ ബ്രഹ്മത്തെറിയാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ യജ്ഞം കൊണ്ട് ദാനം കൊണ്ട് തപസ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയും അപ്പൊ ബ്രഹ്മജ്ഞാനത്തിന് ഉപയോഗമാണെന്ത് യജ്ഞം ദാനം തപസ് അപ്പൊ യജ്ഞേന തൃതിയാണ് ഇത് തൃതിയാശ്രുത്യ ശ്രുതി യജ്ഞനാന്നുള്ള തൃതീയാന്തമായ ശബ്ദത്തിലൂടെ യജ്ഞാധീനം അംഗത്വീനം ബ്രഹ്മജ്ഞാനെ വിനിയോഗം ബ്രഹ്മജ്ഞാനെ അംഗത്വേന യജ്ഞാദീന ബ്രഹ്മജ്ഞാനത്തിൽ അംഗമാകുന്നത് യജ്ഞാദികൾ അങ്ങനെയാണ് അതിന്റെ ഉപയോഗം വിനിയോഗം എന്ന് വെച്ചാൽ ഉപയോഗം ശ്രുതി എന്ന് പറയുന്ന ശ്ലഗവാക്കി പ്രണസ്ഥാനം സമാക്കി ശ്രുതി എന്ന് പറയുന്ന ഒരു പ്രകാരം ഒരു പ്രമാണമാണ് പൂർവമീമാംസി വരുന്ന അർത്ഥ സംഗ്രഹത്തിൽ ശ്രുതി പ്രമാണം ഈ യജ്ഞനാന്നുള്ളത് തൃതീയ ശ്രുതിയാണ് ഇതിന്ന് മനസ്സിലാക്കാൻ എന്താണ് ബ്രഹ്മജ്ഞാനത്തിൽ യജ്ഞാദികൾക്ക് ഉപയോഗമുണ്ട് ഈ ഒരു സംഭവത്തില് ഒരു പൂർവ്വപക്ഷമുള്ളൊരു സിദ്ധാന്തവും ഇപ്പോ അദ്വൈതിക സമ്മതമാണോ ഈ കാര്യം ബ്രഹ്മജ്ഞാനത്തിൽ യജ്ഞാദികൾ ഉപയോഗമുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം സമതാണെന്നും പറയാം അല്ലെന്നും പറയാം സർവാപേക്ഷാച യജ്ഞാതി ശ്രുതരശോകത്ത് ഒരു സൂത്രം ഇനി വരും ബ്രഹ്മസൂത്ര അവിടെ പറയുന്നത് യജ്ഞാദികളെല്ലാം പരമ്പരയാ ഉപയോഗമുള്ളതാണ് എന്ന് പറഞ്ഞാൽ യജ്ഞാദികളെല്ലാം കൊണ്ട് സംഭവിക്കണം എന്താ സംഭവിക്കുന്നത് ചിത്തശുദ്ധി ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ തത്വമസ് തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നും ബ്രഹ്മജ്ഞാനം ഉണ്ടാവും എന്ന് പറയുമ്പോ അംഗീകരിക്കുന്നു എന്താണ് വിജ്ഞാനികൾക്കും ഉപയോഗമുണ്ട് പിതലൊക്കെ പറയുന്ന കർമ്മയോഗം കർമ്മയോഗം എന്തിനുവേണ്ടിട്ടാണ് ചിത്തശുദ്ധി അങ്ങനെ നോക്കുമ്പോൾ യജ്ഞോദാന തപസ്വ പാപനാണി മനുഷ്യന ഗീതയിൽ പറയും യജ്ഞാനം തപസ്സന്ത എന്താണ് മനുഷ്യരെ പരിശുദ്ധമാക്കുന്നത് കാര്യം ഏവത്തത് ഉപേക്ഷിക്കരുത് അത് വേണ്ടതാണ് എന്നൊക്കെ ഗീതയിൽ പറയും ഉപയോഗപ്പെടുമെന്നുള്ള ഒന്ന് അങ്ങനെയാണെങ്കിൽ അതും അല്ലെ ഇടൊപ്പം യജ്ഞാദികൾ എന്ന് പറഞ്ഞാൽ തത്വമസി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ ജ്ഞാനം ആ ജ്ഞാനത്തോടൊപ്പം യജ്ഞാദികളുടെ അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ എന്ത് ദോഷമാണോ എന്താ ദോഷം ആകോ ഒരു ദോഷമാറിയ അതെപ്പോഴും പറഞ്ഞു വേറെ ദോഷം ജ്ഞാനകർമ്മ സമുച്ചയം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞുകഴിഞ്ഞാദികൾ ജ്ഞാനത്തോടൊപ്പം ജ്ഞാദികളും ചെയ്യുക അതങ്ങീരിക്കുക സമസമുച്ഛയം എന്ന് പറയും ഒരേ കാലത്ത് ഒരേ വ്യക്തി രണ്ടും ചെയ്യുക അത് അംഗീകരിക്കില്ല ആ സമയം രണ്ട് കാലത്ത് ചിത്തശുദ്ധിക്ക് മുമ്പ് ചിത്തശുദ്ധിക്ക് വേണ്ടിയ ജ്ഞാനികൾ അനുഷ്ഠിക്കാം അത് കഴിഞ്ഞ് സർവസവം സന്യസിച്ചിട്ട് എന്ത് ചെയ്യണം ശ്രവണാദി അഭ്യാസങ്ങൾ ചെയ്യണം ജ്ഞാനത്തിന് വേണ്ടി അതുകൊണ്ടാണ് സന്യസിക്കുന്നത് സന്യാസം വേണ്ടിയിട്ടാണ് സമുച്ഛയത്തെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് സന്യാസം സമുച്ചയം എന്ന് പറയുന്നത് എന്താണോ രണ്ടും ഒരേ സമയത്ത് ശ്രവണാദികൾ ചെയ്യുക അതേ സമയം തന്നെ യജ്ഞ അതി കർമ്മങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമുച്ചയമാകും ശങ്കരാചാര്യ എന്താണ് സമുച്ചയമേ പാടില്ല ഒരേ സമയം കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഞാനും പാടില്ല അപ്പൊ സമുച്ചയം വരാതിരിക്കുമെങ്കിൽ എന്ത് വേണം കർമ്മത്തെ സന്യാസം അതിനാണ് ഞാൻ ആ പാടില്ല എന്ന് പറയുന്നത് അപ്പൊ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച പിന്നെ കർമ്മം ചെയ്യുന്നില്ല അപ്പൊ പിന്നെ സന്യാസമായി സന്യാസ അതാണ് സന്യാസി ശ്രവണം ഉര്യ സന്യാസിയതിനു ശേഷം എന്ത് ചെയ്യേണ്ടത് ശ്രവണമർണ്ണങ്ങളെല്ലാം ചെയ്യേണ്ടത് ഇതാണ് ശരിയായിട്ടുള്ള നിലപാട് അതുകൊണ്ട് ഈ പറയുന്നത് പൂർവക്ഷമാണ് എന്നാ ഇതിനകത്ത് പൂർവക്ഷം കൊണ്ട് സിദ്ധാന്തമുണ്ട് രണ്ടും ഈ പറയുന്ന ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ സിദ്ധാന്തത്തിന്റെ ഒരു ഭാഗം വരും രണ്ടും മനസ്സിലാക്കിയാല് അദ്വീതിയുടെ നിലപാടെന്താണെന്ന് ഒരു തരമായിട്ടറിയാണ് വായിച്ചതിന്റെ അടുത്ത മാത്രം മനസ്സിലാക്കുക അംഗീകരിച്ച പിന്നെ എന്തു വേണ്ട സന്യാസം നമ്മളാ പച്ചക്ക ചെയ്യുന്നവരെ എന്താണ് രാവിലെ യജ്ഞം ചെയ്യുന്നു ബാക്കി മൂന്ന് സമയം എന്താണോ സന്യാസം ജ്ഞാനകർമ്മ സൗച്ഛയാണ് രണ്ടു വരെ സമയം നടക്കുന്നു അത് ശങ്കരാതിക്കത്തില്ല ശങ്കരാ കർമ്മവും വേണ്ട പക്ഷെ ശ്രുതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു വിവിധ ശന്തി യജ്ഞേന ദാനേന തപസനെ ഇവിടെ പറയുന്ന യജ്ഞം ദാനം തപസ് എല്ലാം വിവിധ അറിയാനുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ ശ്രവണവും മനനൊക്കെ അപ്പോൾ അതിന് യജ്ഞദാനങ്ങളൊക്കെ ഉപയോഗമുള്ളതാണെന്ന് വെച്ചാൽ എല്ലാം ഒരേ സമയം ചെയ്യേണ്ടതാണെന്നും വ്യാഖ്യാനിക്കാം എല്ലാം വ്യാഖ്യാനമാണ് നമ്മൾ പറയുന്നു അതാണ് ഇവിടെ പറഞ്ഞത് വിവിധന്തി യജ്ഞാനി തൃതിയ ശ്രുത്യ യജ്ഞാനീന അംഗത്വീനം ബ്രഹ്മജ്ഞാന വിനിയോഗ വിവിധ എന്ന് പറയുന്നു വേദനിച്ചറിയുന്നതിനുള്ള ആഗ്രഹമാണ് പ്രത്യർത്ഥയോ ഹോ പ്രത്യർത്ഥ സേവ പ്രാധാന്യം പ്രകൃതി അർത്ഥവും പ്രത്യയർത്ഥവും വരുമ്പോഴത്തേക്ക് പ്രത്യാർത്ഥത്തിനാണ് പ്രാധാന്യം എന്നുള്ള ഒരു സാമാന്യ നിയമമാണ് ഇപ്പൊ വിവിധ എന്ന് പറയുന്നു വിധിജ്ഞാനെന്ന് പറയുന്ന ധാതുണ് സന് സന്നിന്റെ അർത്ഥം ഇച്ഛയാണ് ധാതുവിന്റെ അർത്ഥം ജ്ഞാനം ഇതാണ് പ്രകൃതി സന്നാണ് പ്രത്യം അപ്പൊ പ്രകൃതി പ്രത്യേക പ്രകൃതി അർത്ഥമുണ്ട് പ്രത്യയർത്ഥമുണ്ട് പ്രകൃതിയുടെ അർത്ഥം പ്രത്യേക എന്താണ് അപ്പൊ ഇതിന് ഏതർത്ഥത്തിനാണ് പ്രാധാന്യം പ്രത്യർത്ഥത്തിനെന്നാണ് സാമാന്യനിയും അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തിനായിരിക്കും പ്രാധാന്യം ബ്രഹ്മ ജിജ്ഞാസ ഇച്ഛക്കായിരിക്കും ഇച്ഛക്കായിരിക്കും പ്രാധാന്യം പക്ഷേ അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്തോരം അതിനോട് അന്വയിക്കണം ഇച്ഛയോട് അന്വയിക്കണം യജ്ഞാദികളെയും മറ്റും അന്വയിക്കുമ്പോ എന്തിനാണ് ധർമ്മ ധർമ്മത്തെ ഇച്ഛയോട് അന്വയിക്കണം അത് ശരിയാവത്തില്ല യാഗത്തെ കുറിച്ച് ഇച്ഛിക്കുക എന്നല്ല പറയുന്നത് യാഗ ഇച്ഛല്ല അതുകൊണ്ട് ഇവിടെ എന്ത് സ്വീകരിക്കും ഇവിടെ സ്വീകരിക്കേണ്ടത് അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇച്ഛയും ഇഷ്യമാണം ഇച്ഛിക്കപ്പെടുന്ന വസ്തുവ്യേ ഇച്ഛയും ഇഷ്യമാണവും രണ്ടിനെയും ബോധിപ്പിക്കുന്ന പദങ്ങൾ സമഭിവ്യാഹാരം ഒരുമിച്ച് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഏതിന് പ്രാധാന്യം കൊടുക്കണം വിഷ്യമാണം പ്രധാനം ഇച്ഛക്കല്ല എന്തിനാണോ ഇച്ഛയ്ക്കുന്നതിനാണ് പ്രാധാന്യം അപ്പൊ ധർമ്മ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇച്ഛയെക്കുറുക്കിയുള്ള ഒരു പദമുണ്ട് സണ് വിഷ്യമാണുണ്ട് ധർമ്മബ്രഹ്മ അപ്പൊ ഇച്ഛ്യമാണ് ോധക പദയോ രണ്ടു പദങ്ങൾ സംബന്ധി വ്യാഹാരെ ഒരുമിച്ചുമ്പോണം പ്രധാന്യം ഇച്ഛന്തുവരാണ് പ്രാധാന്യം ഇവിടെ പ്രാധാന്യം വരും ധർമ്മ ബ്രഹ്മങ്ങൾക്ക് പ്രാധാന്യം അത് നമ്മൾ പറയുന്നത് ജ്ഞാനസേവ കർമ്മദയ ഇച്ഛാമ്പതി പ്രാധാന്യ ജ്ഞാനോന്ന് പറയുന്നത് ഇവിടെ ഇഷ്യമാണമാണ് ജിജ്ഞാസെന്നു പറഞ്ഞാൽ പദത്തെ എടുക്കുക ജിജ്ഞാസ പിന്നെ അത് എന്തിന്റെ ജിജ്ഞാസ എന്നുള്ളത് രണ്ടാമത് വരും ബ്രഹ്മത്തിന്റെയോ ധർമ്മത്തിന്റെയോ പിന്നെ അതിന് പ്രാധാന്യം വരും ഇപ്പൊ തൽക്കാലം എത്ര എടുക്കുക ജിജ്ഞാസ ജ്ഞാന ഇച്ഛയെ കുറിച്ച് പത് പറയുന്ന സന്നുണ്ട് ഇഷ്യമാണം ഞാനമാണോ ഇവിടെ വിഷയമാണം എന്താണ് ഇച്ഛക്ക് ഇച്ഛയുടെ വിഷയം എന്താണ് അറിയുന്നതിന് ആഗ്രഹിക്കുക ആഗ്രഹത്തിന്റെ വിഷയം എന്തായി അറിയഷ്യമാണ് പദയോ സ്വീകാര് എന്ന് വരുന്നു ഇച്ഛാഷ്യമാണ് ബോധക പതയോ സമേ ഷ്യമാണ് പ്രധാനം അപ്പൊ ജ്ഞാനത്തിന് പ്രാധാന്യം വരും ജ്ഞാനത്തിനാണ് പ്രാധാന്യം വരുന്നത് പിന്നെ അത് ബ്രഹ്മത്തിലേക്കും കർമ്മത്തിലേക്കും ഒക്കെ പോവും പറയുന്ന കർമ്മത എന്തുകൊണ്ട് ജിജ്ഞാസ എന്ന് പറയുന്നത് ഇച്ഛയുടെ കർമ്മം എന്തായി ജ്ഞാനം എന്തിനു ഇച്ഛിക്കുന്നു അതാണ് കർമ്മം ബ്രഹ്മ ജിജ്ഞാസ അറിയുന്നതിനുള്ള ആഗ്രഹം കർമ്മ ജിജ്ഞാസ എന്നൊക്കെ പറയുന്നിടത്ത് ഇച്ഛിക്കുന്ന എന്തിനെ ജ്ഞാനത്തെയാണ് ഇച്ഛരിക്കുന്നത് ഇച്ഛയാണ് അപ്പൊ ഇച്ഛയുടെ കർമ്മം എന്തായി അതിനാണ് പ്രാധാന്യം പറയുന്നത് ജ്ഞാനസേവ കർമ്മതയ ജ്ഞാനം കർമ്മമായത് കൊണ്ട് ഇച്ഛാം പ്രാധാന്യം ഇച്ഛയെക്കാളും ഇച്ഛയെ സംബന്ധിച്ച് പ്രധാനം ജ്ഞാനത്തിനാണ് ജ്ഞാനത്തിൽ എന്താണ് യജ്ഞാദികൾക്ക് ഉപയോഗം വരുന്ന ആ ജ്ഞാനത്തിനാണോ എന്ന് വിശദീകരിക്കുകയാണ് യജ്ഞാദികൾക്ക് ഉപയോഗം വരുന്നവരുടെ ജ്ഞാനത്തിൽ ബ്രഹ്മജിജ്ഞാസ ധർമ്മജിജ്ഞാസ എന്ന് പറയുന്നത് അവിടെ ഇച്ഛിക്കപ്പെടുന്നത് ജ്ഞാനമാണ് കർമ്മമാണ് ജ്ഞാനം അപ്പൊ അവിടെ ജ്ഞാനത്തിനാണ് പ്രാധാന്യം വിവിധശന്തി യജ്ഞേന എന്നെല്ലാം പറഞ്ഞിരിക്കുന്നോണ്ട് ഈ യാഗാദികളുടെ ഉപയോഗം വരുന്നത് ജ്ഞാനത്തിനാണ് ഓർവക്ഷി പറയുന്നത് അവിടെ ജ്ഞാനത്തിന് എന്തിന്റെ ഉപയോഗമുണ്ട് എന്തിന്റെ ഉപയോഗമുണ്ട് യജ്ഞാദികൾ അതിന്റെ അർത്ഥമാണ് ഇത്രയും പറയുന്നത് യജ്ഞാദീന അംഗത്വനു ബ്രഹ്മജ്ഞാന വിനിയോഗ യജ്ഞാദികൾ ബ്രഹ്മജ്ഞാനത്തിന്റെ അംഗമായിട്ട് അനുഭവമുണ്ട് കർമ്മദയ ഇച്ഛാംയ ബോധകപതയോ സംഭാഹാരേ വിഷ്യമാണ് പ്രധാനം എന്നുള്ള നിയമം അനുസരിച്ച് ഏത് നിയമമനുസരിച്ചല്ല പ്രകൃതി പ്രത്യാർത്തോ പ്രത്യാർത്തേ പ്രാധാന്യം ആ നിയമം അനുസരിച്ചല്ലയുടെ കർമ്മമായ ജ്ഞാനത്തിനാണ് പ്രാധാന്യം പ്രധാന സംബന്ധിച്ച അപ്രധാനം പദാർത്ഥം തരാണം അപ്പോ അപ്രധാനമായ കാര്യങ്ങളെല്ലാം പ്രധാനത്തോടെ അന്വേഷിക്കണം അപ്പൊ ജ്ഞാനം ആണ് പ്രധാനം അതിനോട് അന്വേഷിക്കണം ധർമ്മം ബ്രഹ്മം എല്ലാം അതൊക്കെ അപ്രധാനമാണ് ധർമ്മത്തിന്റെ ജ്ഞാനം കർമ്മത്തിന്റെ ജ്ഞാനം അതിന്റെ ഇച്ഛ എന്ന് പറയും ജ്ഞാനത്തിനാണ് പ്രാധാന്യം അതാണ് പ്രധാന സംബന്ധ പ്രധാനത്തിനോട് സംബന്ധമുള്ള ആണെന്ത് അപ്രധാന പ്രധാന പദാർത്ഥാന്തരാണ് മറ്റു പദാർത്ഥങ്ങൾ അപ്പൊ ഇത്രയും കൊണ്ട് പറയുന്ന കാര്യം ഇതാണ് യജ്ഞാദികൾക്ക് ഇവിടെ പ്രാധാന്യമുണ്ട് ജ്ഞാനത്തിന് യജ്ഞാദികൾക്ക് പ്രാധാന്യം ഉണ്ട് അത് പ്രാധാന്യം പൂർവോക്ഷി പറയുന്നതനുസരിച്ച് സമസമുച്ചയമാണ് സിദ്ധാന്തി പറയുന്നതനുസരിച്ച് എന്താണോ ക്രമസമുച്ചയം അതാണ് ഞാൻ ഇത്രയും ഇന്നും പറഞ്ഞുകൊണ്ടിരുന്നു സിദ്ധാന്തി പറയുന്ന എന്താണോ പൂർവോക്ഷി പറയുന്നത് എന്താണോ ആ വ്യത്യാസം അറിഞ്ഞിരിക്കുന്നത് എന്നാലും അതുകൊണ്ടാണ് ഇതിനകത്ത് പൂർവോക്ഷവും വരുത്താം സിദ്ധാന്തവും വരുത്താം എന്ന് പറയുന്നു പൂർവോക്ഷിക്കും സമ്മതമായ കാര്യങ്ങളുണ്ട് സിദ്ധാന്തിക്കും കാര്യം സമ്മതമായ കാര്യങ്ങൾ ഉണ്ട് ബ്രഹ്മസൂത്രത്തിൽ പറയുന്നത് പോലെ യജ്ഞാദികൾക്ക് ജ്ഞാനത്തിനുപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ട് എങ്ങനെ പുറോക്ഷ പറയുന്നത് എന്താണോ യജ്ഞാദികൾക്ക് ജ്ഞാനത്തിനുപയോഗം ഉണ്ട് എങ്ങനെ ഈ നീതി തന്നെ തത്രാപിക് ഉപത്തോ അംഗഭാവു അപ്പൊ ജ്ഞാനത്തിന് ഉപയോഗമുണ്ട് കർമ്മങ്ങൾക്കെന്ന് പറഞ്ഞു എങ്ങനെ വാക്യാർത്ഥജ്ഞാനം ഉണ്ടാകുന്നേന് തത്വമസി അഹം ബ്രഹ്മാസി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്ന് അർത്ഥജ്ഞാനം ഉണ്ടാകുന്നതിന് എന്താണ് യജ്ഞാദികൾക്ക് ഉപയോഗമൊന്നുമില്ല എന്നാണ് എന്തുകൊണ്ട് വാക്യാർത്ഥാന വാക്യത്തിൽ തന്നെ ഉണ്ടാകും വാക്യാർത്ഥാനം ഇതിൽ തന്നെ പല സിദ്ധാന്തങ്ങളുണ്ട് വാക്യാർത്ഥാന ഉണ്ടാകുന്നതിനും യജ്ഞാദികൾക്ക് ഉപയുണ്ടെന്നും പറയാം എങ്ങനെ ചിത്തശുദ്ധി ചിത്തശുദ്ധിയിലൂടെ യജ്ഞാദികൾക്ക് ഉപയോഗമുണ്ടെന്ന് പറയാം പക്ഷെ ആ ചിത്തശുദ്ധി എന്ന് പറയുന്നത് യജ്ഞാദികൾ ഉപയോഗപ്പെടുന്നത് സമകാലത്തിലല്ല ഇപ്പൊ വാക്യാർത്ഥം ഞാൻ ആ ഉണ്ടാകുന്നു ആ കാലത്തിൽ ചിത്തശുദ്ധി യജ്ഞത്തിലൂടെ ചിത്തശുദ്ധി ഉണ്ടായിട്ടല്ല അവിടെ എന്തുവരെ എന്തു പറയേണ്ടി വരും അതുകൊണ്ട് ഈ പറയുന്നതിനൊക്കെ ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയവാദിയും വരുന്നുണ്ട് സിദ്ധാന്തവും വരുന്നുണ്ട് എന്ന വാക്യാർത്ഥാനഉ വാക്യാർത്ഥാനഉത്പത്തിയിൽ സമകാലം എപ്പോഴാണോ വാക്യാർത്ഥാനം ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ് യജ്ഞാനീനാം അംഗഭാവവും യജ്ഞാദികൾ ഉപയോഗപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ സമസമുച്ചയത്തെ ിക്കേണ്ട ക്രമസമുച്ചയാണെങ്കിലോ കർമ്മസമിച്ചു ആണെങ്കിലോ ഈ പറയുന്നത് ബാക്കിയുടെ ഞാൻ ഉത്പത്തു അംഗ ഭാവം ഞാനീനാന്ന് പറയുന്നത് ക്രമസമുച്ച അനുസരിച്ചാണെങ്കിലോ ഏ എന്ത് ശരി എന്താ എന്ത് ശരി ബാക്കിയുടെ ഞാൻ കർമ്മങ്ങൾക്ക് ഉപയോഗമുണ്ട് ക്രമസമുച്ചയനുസരിച്ച് നിജശ ഉണ്ടാവുന്നു കർമ്മങ്ങൾ കൊണ്ട് വാക്യാർത്ഥാന വാക്യാർത്ഥാനത്തിനെന്താണ് വാക്യത്തിന് എന്നെ ബോധമുണ്ടാകും അതിനു കർമ്മത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ് വാക്യാർത്ഥജ്ഞാനസേ വാക്യദൈവോ എന്നറ്റാക്യം സഹകാര്യ കർമ്മം വാക്യം ഒരിക്കൽ സ്വകാര്യ കാരണമായി കർമ്മത്തെ കൂടെ അപേക്ഷിക്കുന്നുണ്ട് വേദാന്തം ശ്രവണം ചെയ്യുക അതോടൊപ്പം കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അതിന്റെ ആവശ്യമുണ്ട് നേരത്തെ കർമ്മക്ക് ചിത്തശുദ്ധിയുണ്ടെങ്കി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പോ ശ്രവിക്കുമ്പം കർമ്മങ്ങളുടെ ആവശ്യം ശബ്ദന്യായുണാന ഭൂതപൂർവപര പദാർത്ഥ ആകാംക്ഷ സന്നിധി യോഗ്യത അനുസന്ധാനവദാം അപ്രത്യൂഹം അപ്പോൾ വാക്യാർത്ഥ ജ്ഞാനം വാക്യാർത്ഥ പ്രത്യയം എന്ന് വെച്ചാൽ വാക്യാർത്ഥ ജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു പറയു ഒരാൾ ഇത് സിദ്ധാന്തം തന്നെ സിദ്ധാന്തമാണെങ്കിലും അവിടെയും ചില വ്യത്യാസങ്ങളുണ്ട് അകൃത കർമ്മണാമബി കർമ്മം ചെയ്യാത്തവനും ഇവിടെ ചിത്തശുദ്ധി എടുക്കുന്നില്ല കർമ്മമൊന്നും ചെയ്യുന്നില്ല േദാന്ത വിചാരം ചെയ്യുന്നു അവന് ഞാനുണ്ടാകാം എങ്ങനെയാണെങ്കിൽ വിധിത പദ തഥർത്ഥ സംഗതി അയാൾക്ക് പദവും പദത്തിന്റെ അർത്ഥവും തമ്മിലുള്ള സംബന്ധം ഞാൻ ഉണ്ടായിരിക്കണം നല്ല വാക്യം കേൾക്കുമ്പോൾ ബോധം ഗാം ആനയാന്ന് പറഞ്ഞു ബോധം എന്ന് പറഞ്ഞ ശബ്ദം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് ആനയാന്ന് പറഞ്ഞ ക്രിയ ആ അർത്ഥം എന്താണ് ഇപ്പൊ പരസ്പര ബന്ധം എന്താണ് ഇതറിയുന്നവന് മാത്രമേ എന്തോ ഉഗാമായ കേട്ടുകഴിഞ്ഞാൽ ബോധം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ പദവും പദാർത്ഥവും തമ്മിലുള്ള സംബന്ധം അറിഞ്ഞിരിക്കണം ഓ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം നാല് കാലമുള്ള ജീവിയാണെന്നുള്ള ആ ഞാനതാണ് പദപദാർത്ഥ സംഗതി പദവും പദാർത്ഥവുമായിട്ട് സംഗതി ചന്ദ്രം അതറിയുന്നവന് അതാണ് വിദിത പദപദാർത്ഥ സംഗതി നാം എവിടോട്ട് വിടെ അന്വയിക്കേണ്ടത് വാക്യാർത്ഥി ബാക്കിയാർത്ഥാനോ ഉണ്ടാകും ബാക്കിയാർത്ഥ പ്രത്യെന്ന് വെച്ചാൽ വാക്യാർത്താനും ഉണ്ടാകുന്നു ആർക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നു ആർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് ർത്ഥ സംഗതി നാം ഒരു പദം പദത്തിന്റെ അർത്ഥം യുവതലുള്ള ബന്ധം അറിയാമെന്നുള്ള ഒരാൾക്ക് ആനയാന്നുള്ള വാക്യം കേട്ടുകഴിഞ്ഞാൽ എന്തുണ്ടാവും ബാക്കിയർത്ഥം ഞാൻ ഉണ്ടാവും അതാണ് വിദിത പദ തദർത്ഥ സംഗതി നത്വം അസ്യഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന വാക്യങ്ങളുടെ അർത്ഥം ഞാനും ഉണ്ടാകുന്ന ആ പദം പദാർത്ഥം അവയുടെ സംബന്ധം ഇതൊക്കെ ഞാനും പിന്നെ വേറെന്തുവേണം സമ്മധിഗത ശാബ്ദന്യായ തത്വമാണോ ശബ്ദന്യായ തത്വങ്ങൾ ശബ്ദന്യായങ്ങൾ ശരിയായ ശബ്ദന്യായങ്ങൾ സമ്മതിഗതം ശരിക്കറിയുന്നവനും ഉണ്ടാവും ശബ്ദന്യായങ്ങളൊക്കെ അറിയുന്നവർ ശബ്ദത്തിൽ നിന്ന് എങ്ങനെയാണ് അർത്ഥബോധം ഉണ്ടാകുന്നത് അതിന്റെ യുക്തികൾ അറിഞ്ഞിരിക്കും അങ്ങനെന്താ പറയുന്നത് ശബ്ദ ന്യായം എന്ന് വെച്ചാൽ വിത്വത്തി മറ്റും അറിഞ്ഞിരിക്കുന്നു വ്യാകരണവും മറ്റും അറിഞ്ഞിരിക്കുന്നു വാക്യം മീമാംസ ന്യായങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു അതൊക്കെയാണ് സമതിഗതം സമ്മ അറിഞ്ഞിരിക്കണെന്ത് ശബ്ദ ന്യായ തത്വാണ് ശബ്ദന്യായം ശബ്ദബോധം ഉണ്ടാകുന്നതിനു വേണ്ടി വ്യക്തി തത്വങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു അപ്പൊ സമതിഗത ശബ്ദ ന്യായ തത്വ നാം അതിനോട് പിന്നെ ഗുണപ്രധാന പൂർവാപര ഞാനുണ്ടായിരിക്കണം ഒരു വാക്യം കേട്ടു കഴിഞ്ഞാൽ പ്രധാനമേതാണ് ഗൗണമേതാണ് പൂർവമേതാണ് പരമേദാണ് ഇങ്ങനെ അതാണ് ഗുണപ്രധാന ഭൂത പൂർവാപര ആ ഞാനുണ്ടായിരിക്കുന്നു പിന്നെ ആകാംക്ഷ സന്നിധി യോഗ്യത പദാർത്ഥങ്ങളുടെ ആകാംക്ഷ അനുഭാവം ആകാംക്ഷ തർക്കസംഗ്രഹത്തിൽ പഠിച്ചിട്ടുണ്ട് അർത്ഥാഭാവോ യോഗ്യത ആ വിളംബേന ഉച്ചാരണ സന്നിധി ഇതൊക്കെ തർക്കസംഗ്രഹത്തിൽ പഠിച്ചാണ് അതുപോലെ എന്താണ് സന്നിധി യോഗ്യതയൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു വാക്യം വരുമ്പോൾ അതിന്റെ പല പദങ്ങൾ കാണുന്നുണ്ട് ബാക്കിയൊക്കെ പരസ്പര ആകാംക്ഷയുണ്ട് സന്നിധിയുണ്ടോ യോഗ്യതയുണ്ടോ ഇതെല്ലാം അതാണ് പദാർത്ഥ പദാർത്ഥ പൂർവത്തോട് ഉന്നയിക്കാം ഗുണപ്രധാന ഭൂതപൂർവാപര പദാർത്ഥം പിന്നെ പദാർത്ഥ ആകാംക്ഷ സന്നിധി യോഗ്യത അനുസന്ധാനം അതൊക്കെ സ്മരിക്കുക അനുസന്ധാനം സ്മരിക്കുക സ്മരിക്കുന്നവൻ അപ്രത്യൂഹം യാതൊരു തടസ്സം കൂടാതെ വാക്യാർത്ഥ്യത്പത്തിന് വാക്യാർത്ഥാനം ഉണ്ടാവും ഈ വാക്യാർത്ഥാനം അതായത് ശബ്ദജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ വാക്യാർത്ഥാനം പരോക്ഷജ്ഞാനമായിരിക്കും എന്നാണ് അവരുടെ അഭിപ്രായം സാമ്പതികാലഭിപ്രായം പരോക്ഷം ഞാനും ആയിരിക്കും ബാക്കിയാടത്തിൽ ഞാനും ഉണ്ടായാൽ പരോക്ഷം ഞാനുമായിരിക്കും ഭാഷകാരന്റെ അഭിപ്രായം എന്താണ് ആ ഞാനും പരോക്ഷം അപരോക്ഷം അല്ല അപരോക്ഷമേ ഉള്ളൂ വാക്യാടത്ത് ഞാനോന്ന് പറയുന്നത് എന്ത് തന്നെയാണ് അപരോക്ഷ തത്വം സ്യാഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ കേട്ടാലുണ്ടാകുന്ന ഞാനും എന്ത് ഞാനും തന്നെ അതാണ് പറഞ്ഞ ഇതിനകത്ത് പൂർവോക്ഷം കൊണ്ട് സിദ്ധാന്തം ഉണ്ട് ശരി mm. <laughs>